ചില ആളുകൾ ഹെൽപ്പ്ഫുൾ ഫുതൂലുമായി ബന്ധപ്പെട്ട സംഭവം അനിസ്ലാമികമായ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത സംഹിതകൾ അവയിലേക്ക് വിധി തേടി പോകാനും അവയെ അംഗീകരിക്കാനുമുള്ള തെളിവായി കൊണ്ടുവരാറുണ്ട് ഹെൽപ്പ്ഫുൾ ഫുതൂൽ അതിനുള്ള തെളിവല്ല കാരണം ഹെൽപ്പ് ഫുതൂൽ എന്ന് പറയുന്ന ഈ സംഭവത്തിൽ ആകെ ഉണ്ടായത് ഒരു അതിക്രമം നടന്നുകഴിഞ്ഞാൽ അതിനെതിരെ സഹായിക്കുമെന്ന കരാറ് മാത്രമാണ് അത് ഇസ്ലാമിൽ വന്ന കാര്യമാണ് ഇസ്ലാമിൽ അതിക്രമം തടയുക എന്നത് സ്ഥിരപ്പെട്ട നിയമമാണ് ആ നിയമം ഇസ്ലാം ഊട്ടിയുറപ്പിക്കുക മാത്രമാണ് ചെയ്തത് ഇസ്ലാമിന് വിരുദ്ധമല്ലാതെ എന്നാൽ ഇസ്ലാമിന് വിരുദ്ധമായ നിയമങ്ങളും സംവിധാനങ്ങളും ഒരാൾ കൊണ്ടുവരികയും അതിന് കരാറുകളും നിശ്ചയിക്കുകയും ചെയ്താൽ അത് അംഗീകരിക്കേണ്ട ബാധ്യത ഒരു മുസ്ലിമിനില്ല ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ ഉദാഹരണത്തിന് ആരെങ്കിലും പറയുകയാണ് വിചാരം അനുവദനീയമാണ് അത് തെറ്റില്ലാത്ത കാര്യമാണ് എന്നു ഒരാൾ പറഞ്ഞാൽ എല്ലാവരും അതിൽ കരാറിലായാൽ ഒരാളത് അംഗീകരിക്കേണ്ടതില്ല ഒരു മുസ്ലിം അത് അംഗീകരിക്കുക എന്നത് ബാധ്യതയില്ല അല്ല അതെങ്ങാനും ഒരു മുസ്ലിം അംഗീകരിച്ചാൽ ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അതാണ് ശരിയെന്ന് വാദിച്ചാൽ അതുകൊണ്ട് ഹെൽപ്പ്ഫുൾ ഹുബോൽ എന്ന് പറയുന്ന ഈ സംഭവത്തിൽ മനുഷ്യനിർമ്മിതമായ സംവിധാനങ്ങളിലേക്കും സംഹിതകളിലേക്കും ക്ഷണിക്കാനുള്ള തെളിവില്ല ഇത് ഇസ്ലാമിൽ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് നബ്സ്വല്ലാസലാം പറഞ്ഞത് ഇസ്ലാമിലായതിനു ശേഷം അതിലേക്ക് ക്ഷണിച്ചാൽ ഞാൻ അതിലേക്ക് പോകും കാരണം ഇസ്ലാമിന് വിരുദ്ധമായ ഒന്നും അതിലില്ല എന്നാൽ ഇസ്ലാമിന് വിരുദ്ധമായ നിയമങ്ങളും സംവിധാനങ്ങളും സംഹിതകളും ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ അത് അംഗീകരിക്കുക എന്നത് അത് സത്യമാണ് എന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുക ഒരു മുസ്ലിമിനെ യോജിക്കുന്ന കാര്യമല്ല അത് ആരെല്ലാം പ്രശംസിച്ച സംവിധാനങ്ങളും സംഹിതകളുമാണെങ്കിലും ഉദാഹരണത്തിന് കമ്മ്യൂണിസം അത് നിലകൊള്ളുന്നത് മനുഷ്യർക്കിടയിൽ സാമ്പത്തികമായ സമത്വമുണ്ടാക്കണമെന്ന ചിന്തയുടെ പുറത്തെയാണ് അതിന്റെ അടി അടിത്തറയാകട്ടെ അള്ളാഹു സുഭാനുഭൂ ആരെ തന്നെ ഇല്ല എന്ന വിശ്വാസത്തിലാണ് ഇത്തരമൊരു വിശ്വാസ സംവിധാനം സംഹിത അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം നന്മകൾ അതിനുണ്ട് എന്ന് പറയപ്പെട്ടാലും ആ നന്മകൾ അതിനുണ്ടോ എന്നത് മറ്റ് ഉണ്ട് എന്ന് അതിന് പറയപ്പെട്ടാലും ഒരു മുസ്ലിം അംഗീകരിക്കുക സാധ്യമല്ല കാരണം അടിവേരിന് വിരുദ്ധമായ കാര്യങ്ങൾ ആ സംഹിതകളിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഈ പറഞ്ഞ ഹെൽഫുൽ ഫുദൂലിന്റെ സംഭവത്തിൽ അതിനെ അംഗീകരിക്കുന്ന അതിനെ അത് ശരിയാണ് എന്ന് പറയുന്ന ഒരു സൂചന പോലും എന്ന് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ശരി ഹെൽഫുൽ ഫുദൂൽ കഴിഞ്ഞ് റസൂൽ അലി വസ്ലമിക്ക് ഇരുപത്തിയഞ്ച് വയസ്സായി റസൂള്ള ഇരുപത് വയസ്സുള്ളപ്പോഴാണ് ഹലഫുൽ ഫുദൂൽ സംഭവിക്കുന്നത് ഇരുപത്തിയഞ്ചു വയസ്സുള്ളപ്പോൾ നബിസല്ലാഅഅഅലൈ വസ്ല്ലം അവിടുന്ന് പുറപ്പെട്ടു അതിനൊരു കാരണമുണ്ട് ഷാമിലേക്ക് റസൂൾ പറഞ്ഞയക്കുന്നത് ഹദീജബിൻ ഹദീജബിൻ അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സ്ത്രീയായിരുന്നു ഏറ്റവും സമ്പത്തുള്ള സ്ത്രീയായിരുന്നു ഏറ്റവും സ്ഥാനമുള്ള സ്ത്രീയായിരുന്നു അവരെ കല്യാണം കഴിക്കാൻ വേണ്ടി മക്കയിലെ ധാരാളം പേരെന്നാഗ്രഹിച്ചിരുന്നു അവരിൽ പലരും അതിനുവേണ്ടി പണം ചെലവാക്കിയിട്ടുണ്ട് ഖദീജയെ കല്യാണം കഴിക്കാൻ വേണ്ടി അത്ര മാത്രം മക്കയിൽ സ്ഥാനവും ശ്രേഷ്ഠതയും ഉണ്ടായിരുന്ന സ്ത്രീയാണ് ഹദീജ പുറേശി കുടുംബത്തിൽപ്പെട്ട സ്ത്രീയാണ് അവർ ഹദീജ അവർക്ക് കച്ചവടമുണ്ടായിരുന്നു അള്ളഹാൻ അവർ ചെയ്തിരുന്നത് മക്കയിലുണ്ടായിരുന്ന പുരുഷന്മാർ അവർക്ക് വിശ്വസ്തരാണ് എന്ന് തോന്നുന്ന ആളുകൾ അവരുടെ കയ്യിൽ ഹദീജ അവരുടെ സമ്പാദ്യം ഏൽപ്പിക്കും അവരുടെ കച്ചവട ചരക്കുകൾ ഏൽപ്പിക്കും എന്നിട്ട് അത് ഷ്യാമിൽ കൊണ്ടുപോയി വിൽക്കണം എന്നിട്ട് ഷ്യാമിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് അത് മക്കയിൽ വന്നു വിൽക്കണം ഇതായിരുന്നു ഹദീജയുടെ കച്ചവട രീതി അപ്പോൾ ഹദീജൻ അവർ മുഹമ്മദിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് മഹമ്മദ് വലിയ വിശ്വസ്തനാണ് സത്യസന്ധനാണ് നല്ല സ്വഭാവമുള്ളവരാണ് എന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ ഹദീജ അവരുടെ പരിചയത്തിലുള്ള ചില ആളുകളെ നബിസല്ലാഹലി വസല്ലമയെ ഈ കാര്യം ഈ കച്ചവടം ഏൽപ്പിക്കുന്നതിനു വേണ്ടി അത് ഏറ്റെടുക്കുമോ എന്നറിയുന്നതിനു വേണ്ടി റസൂളുള്ളയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു ചില റിവായത്തുകളിൽ കാണാം അബൂ താലിബ് അദ്ദേഹമാണ് ഈ വാർത്ത മുഹമ്മദിനും സല്ലാഹു അലഹു വസ്ല്ലം കെട്ടിക്കുന്നത് അബൂ താലിബ് പറഞ്ഞു ഞാൻ പൈസ ഇല്ലാത്തയാളാണ് ഞാൻ സമ്പാദ്യം കുറവുള്ള ആളാണ് അഹമ്മദ് നിന്നോടീതാ കച്ചവടം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹദീജ സമീപിച്ചിട്ടുണ്ട് അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി ലാഭം നിനക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് അള്ളാഹു നിനക്ക് നൽകുന്ന ഒരു റിസ്ക് ആണ് ഇത് തട്ടിക്കളയരുത് നബിസാഹു അലൈഹിം അത് കേട്ടപ്പോൾ അവിടുന്ന് അത് അംഗീകരിച്ചു അങ്ങനെ അവരുടെ കച്ചവട ചരക്കുമായി മൈസറ എന്നു പേരുള്ള ഒരു ബാലനുമായി അവരോടൊപ്പം നബിസല്ലാഹു അലൈഹി വസ്ല്ലം ഷ്യമിലേക്ക് പുറപ്പെട്ടു ഷ്യമിൽ പോയി റസൂർ അലഹി വസ്ല്ലം അവിടുന്ന് കച്ചവടം നടത്തി മറ്റൊരിക്കലും ലഭിക്കാത്ത രൂപത്തിൽ അവർക്കന്ന് ഷ്യാമിൽ നിന്ന് ലാഭം ലഭിച്ചു തിരിച്ച് നബിസ്വല്ലാഹ് അലി വസല്ലം ഷ്യാമിൽ നിന്ന് മക്കയിലേക്ക് വേണ്ട കച്ചവട വസ്തുക്കൾ വാങ്ങിച്ച് തിരിച്ചെത്തി ഖദീജയുടെ അടുക്കൽ വന്നു ഖദീജയുടെ അടുക്കൽ വന്ന് കിട്ടിയ ലാഭത്തെ പറഞ്ഞു എന്നിട്ട് നബിസ്വല്ലാഹ് അലി വസല്ലം ഷ്യാമിൽ നിന്ന് വാങ്ങിച്ച് വന്ന സാധനങ്ങൾ ഖദീജയേൽപ്പിച്ചു അവരത് മക്കയിൽ വിറ്റു മക്കയിൽ നിന്നാകട്ടെ ഇരട്ടി ലാഭം കിട്ടി ം അവിടുന്ന് ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഷ്യാമിൽ നിന്ന് കൊണ്ടുവന്നത് അവിടുന്ന് വിൽക്കാൻ കഴിവുള്ളവരായിരുന്നു വാങ്ങാൻ കഴിവുള്ളവരായിരുന്നു അവിടത്തേക്ക് നന്നായി കച്ചവടം അറിയുമായിരുന്നു നന്നായി കച്ചവടം അറിയുമായിരുന്നു എന്നാൽ അതോടൊപ്പം അലൈഹി സ്വല്ലം സുബാൻ അള്ളാഹ് കച്ചവടത്തിൽ ഏറ്റവും മനോഹരമായ സ്വഭാവം കാണിച്ചിരുന്നു റസൂള്ള ചിലപ്പോൾ കച്ചവടക്കാരോട് വില വേശു എന്നിട്ട് അവരോടൊരു വില ഉറപ്പിച്ചു കഴിഞ്ഞാൽ റസൂൾ അതിനേക്കാൾ കൂടുതൽ പണം കൊടുക്കും ഒരാളോട് വിലപേസി പത്ത് രൂപ വിളിക്കാൻ പറഞ്ഞു അതിൽ ഇരുപത് രൂപ കൊടുക്കും പറഞ്ഞ പണത്തെക്കാൾ കൂടുതൽ അവിടുന്ന് ഹദീജയുടെ അടുക്കൽ വന്ന് സംസാരിച്ചു ഖദീജക്ക് വലിയ ലാഭം കിട്ടി അങ്ങനെ ഹദീജ അവർക്ക് റസൂൾ ഒരു ഇഷ്ടം തോന്നി താല്പര്യം തോന്നി ഹദീജ അവരുടെ കൂട്ടുകാരിയായ നഫീസയോട് നഫീസ എന്ന പേരുള്ള ഒരു സ്ത്രീയോട് മുഹമ്മദിന്റെ അടുക്കൽ പോയി കല്യാണത്തെ മുഹമ്മദ് എന്താണ് ചിന്തിക്കുന്നത് എന്ന് വേണ്ടി പറഞ്ഞു അങ്ങനെ നഫീസ മുഹമ്മദിന്റെ അടുക്കൽ ചെന്നു എന്നിട്ട് ചോദിച്ചു കല്യാണം കേൾക്കുന്നില്ലേ വയസ്സിരുപത്തഞ്ചായി അപ്പോൾഅലി വസ്ല്ലാം പറഞ്ഞു എന്റെ കയ്യിൽ പണമില്ല ആരാണ് എനിക്ക് പെണ്ണുതന്നെ ഞാൻ സമ്പത്തില്ലാത്ത അവസ്ഥയിലാണ് അപ്പോൾ നഫീസ് പറഞ്ഞു ഒരാൾ നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെങ്കിലും എനിക്ക് പൈസന്റെ പ്രശ്നം ഉണ്ടെങ്കിലും അത് തീർക്കാൻ തയ്യാറാണെങ്കിലും അപ്പോൾ അവർ പറഞ്ഞു നബ്സല്ലോ ആരാണങ്ങനെയുള്ളത് ആരാണ് എനിക്ക് അങ്ങനെ സഹായിക്കാനുള്ളത് അവർ പറഞ്ഞു ഹദീജയുണ്ട് ലബ്സാഹു അലി വസ്ല്ലം അത് കേട്ടപ്പോൾ അവിടെ അംഗീകരിച്ചു അങ്ങനെ ഹദീജയുടെ വീട്ടിൽ നിന്ന് ആളുകൾ റസൂളുള്ളയുടെ എളാപ്പമാരുടെ അടുക്കലേക്ക് ചെന്നു എന്ന എളാപ്പമാരാണ് റസൂളുള്ള നോക്കുന്നത് അടുക്കൽ ചെന്നു അങ്ങനെ അവർക്കിടയിൽ കല്യാണം ഉറപ്പിച്ചു ചില ആളുകൾ പറയുന്നത് ചിലപ്പോൾ പറയാറുണ്ട് റസൂൾ ഉള്ള ഹദീജയാണ് ആദ്യം കല്യാണം കഴിച്ചത് വളരെ വയസ്സ് ചെന്നൊരു സ്ത്രീ നബി നബിക്ക് അങ്ങനെ വല്ല താല്പര്യങ്ങളും അത് തെറ്റാണ് ഹദീജ അന്ന് ഏറ്റവും ആഗ്രഹിക്കപ്പെട്ടിരുന്ന സ്ത്രീയാണ് മക്കയിലെ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന സ്ത്രീയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഏറ്റവും ഷറഫുണ്ടായിരുന്ന ഏറ്റവും സ്ഥാനമുണ്ടായിരുന്ന ഏറ്റവും മഹത്വം ഉണ്ടായിരുന്ന ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടായിരുന്ന സമ്പന്നയായിരുന്ന സ്ത്രീയാണ് ഖദീജു റസൂൽ അള്ളാഹു തെരഞ്ഞെടുത്തത് ഏറ്റവും നല്ല സ്ത്രീയാണ് ഖദീജ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം അക്കൂട്ടത്തിലാണ് നബ്സല്ലാഹു അലി വസല്ലമ്മയുടെ അടുക്കിലേക്ക് ഖദീജ വിവാഹാലോചനയുമായി അങ്ങോട്ട് ചെല്ലുന്നത് സുൽഹാൻ അള്ളാഹ് അത് ശ്രേഷ്ഠതയാണ് ഒഴിവാക്കുന്നത് അങ്ങനെ നബിസല്ലാഹ് അലി വസല്ലം ഇരുപത്തിയഞ്ചു വയസ്സുള്ളപ്പോൾ അവിടുന്ന് ഹദീജയെ കല്യാണം കഴിച്ചു റദി അള്ളാഹു ഹദീജക്കന്ന് ചില റിവായത്തുകളിൽ ബഹൂരിപക്ഷം പേരും പറഞ്ഞ അഭിപ്രായം അതാണ് നാൽപ്പത് വയസ്സുണ്ട് എന്നാൽ ചില ഹദീസുകളിൽ അല്ലെങ്കിൽ ചില ആഹാറുകളിൽ ഹദീജക്ക് ഇരുപത്തെട്ട് വയസ്സാണ് എന്നും വന്നിട്ടുണ്ട് വയസ്സ് എത്രയുമാകട്ടെ നാൽപ്പതാകട്ടെ ഇരുപത്തെട്ടാകട്ടെ നബിഹു അലൈഹി വസ്ല്ലം അവിടുന്ന് കല്യാണം കഴിക്കുമ്പോൾ റഫോളക്ക് ഇരുപത്തിയഞ്ചു വയസ്സാണ് പിന്നീട് ഹദീജ മരിക്കുന്നതുവരെ ഏതാണ്ട് റസൂൾ ഉള്ളയുടെ അൻപത് വയസ്സിനോളം അള്ളാഹുവിന്റെ റസൂൽ ഹദീജക്ക് പുറമെ മറ്റൊരാളെ കല്യാണം കഴിച്ചിട്ടില്ല വേറൊരു സ്ത്രീയ റസൂളെ കല്യാണം കഴിച്ചിട്ടില്ല അവിടത്തേക്ക് ഹദീജയെ അത്രമാത്രം ഇഷ്ടമായിരുന്നു അള്ളാഹു അലൈഹി വസല്ലമ്മയോടാകട്ടെ ഹദീജ ഏറ്റവും നല്ല സ്വഭാവത്തിലായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ ഒരു വാക്കിന് മറുപടിയായി അതിനെതിരായി ഹദീജയിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു വാക്ക് വന്നിട്ടില്ല അള്ളാഹുന്റെ മറ്റേത് സ്ത്രീകളെ സ്നേഹിക്കുന്നതിനെക്കാളും ഹദീജയെ സ്നേഹിച്ചിരുന്നു വളരെയധികം സ്നേഹിച്ചിരുന്നു അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അതിന് തെളിവാണ് വസ്ല്ലാം പറഞ്ഞത് ഹദീസിൽ കാണാം ഖ ഖുലിനി ഖസിയർ പുരുഷന്മാരിൽ നിന്ന് പലരും പൂർണതയിലെത്തിയിട്ടുണ്ട് അള്ളാഹു മനുഷ്യനെ നിശ്ചയിച്ചിട്ടുള്ള പൂർണ്ണത അത് പുരുഷന്മാരിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാൽ സ്ത്രീകളിൽ നിന്ന് അത് രണ്ടു പേർക്കു മാത്രമാണ് ലഭിച്ചത് ഒന്ന് രണ്ട് അവർക്ക് രണ്ടുപേർക്കു മാത്രമാണ് സ്ത്രീകളിൽ നിന്ന് പൂർണതയുണ്ടായത് നബിഹു അലി വസ്സലം അവിടുന്ന് പറഞ്ഞു അവരവരുടെ കാലഘട്ടങ്ങളിൽ ഏറ്റവും നല്ല സ്ത്രീ മറിയം ബിൻ റാൻ ആണ് മറിയമ്മിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ലോകത്തെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സ്ത്രീ ഖദീജയാണ് ഒരിക്കലും എന്നിട്ട് ജുബിറിയിൽ പറഞ്ഞു അള്ളാഹു ഹദീജ ഇപ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് വരും അവരുടെ കയ്യിൽ പാത്രമുണ്ട് അതിൽ ഭക്ഷണമുണ്ട് അതുമായി ഹദീജ നിങ്ങളുടെ അടുക്കലേക്ക് ഇപ്പോൾ വരും അവരോട് അള്ളാഹുസലാം പറ അള്ളാഹുസലാം പറഞ്ഞിട്ടുണ്ട് എന്ന് അതോടൊപ്പം ജുബ്രീൽ ഞാൻ അവരോട് സലാം പറയുന്നുണ്ട് എന്ന് അവരോട് അറിയിക്കുക എന്നിട്ട് ജുബ്രീൽ അലിഹുസാത്തു വസ്സലാം പറഞ്ഞു അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക സ്വർഗത്തിൽ ഒച്ചയില്ലാത്ത ശബ്ദമുഖരിതമല്ലാത്ത ഏറ്റവും മനോഹരമായ സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലുള്ള വീട് അവർക്കുണ്ട് എന്ന് നിങ്ങൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് നബ് സല്ലഅള്ളഹു അലഹു വസ്ല്ലമയോട് ജിബിലില്ലാം പറഞ്ഞ ഹദീസ് പെട്ടത് റസൂർ അള്ളഹി സ്വല്ലാ വസ്ലാം അവരോടുള്ള സ്നേഹം അവിടത്തേക്ക് മരിച്ചതിന് ശേഷവും ഉണ്ടായിരുന്നു റസൂറുള്ള എപ്പോഴെങ്കിലും ആടിനെ അറുത്തു കഴിഞ്ഞാൽ അള്ളാഹുന്റെ റസൂർ സല്ല അള്ളാഹു അലൈഹി വസ്ല്ലം ൾക്ക് അത് കൊടുത്തയക്കും ശ്രേഷ്ഠത പറയുന്ന മിക്ക ഹദീസുകളും നിവേദനം ചെയ്ത ആയിഷീയൻ ആ ഹദീസുകളുടെ ഒന്നിലധികം ഹദീസുകളുടെ തുടക്കത്തിൽ ആഷ പറഞ്ഞതായി കാണാം ഖദീജയോടുണ്ടായിരുന്നതുപോലുള്ള ഈർഷ്യ എനിക്ക് മറ്റൊരാളോടും ഉണ്ടായിരുന്നില്ല അസൂയ എനിക്ക് മറ്റൊരാളോടും ഉണ്ടായിട്ടില്ല മറ്റു ഭാര്യമാരോടൊന്നും എനിക്കുണ്ടായിട്ടില്ല കാരണം ആയിഷ ബീവിയാണ് നബ്സഭാസ്വരം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് അത് ആയിഷ ബിബുക്ക് അറിയായിരുന്നു മറ്റു ഭാര്യമാർക്ക് അറിയായിരുന്നു സഹാബികൾക്ക് വരെ അറിയാമായിരുന്നു ഹദീസുകളിൽ കാണാം അള്ളാഹുന്റെ റസൂൾ ആയിഷ ബിയുടെ വീട്ടിലുള്ള ദിവസം സഹാബികൾ പ്രത്യേകം അന്ന് നോക്കി വെക്കും ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കാൻ അവിടത്തേക്ക് ഹദിയെ കൊണ്ടുകൊടുക്കാൻ ആയിഷയുടെ ദിവസമാണ് തിരഞ്ഞെടുക്കുക കാരണം എന്താ റസൂറിൽ അന്ന് കുറച്ചുകൂടി സന്തോഷത്തിലായിരിക്കും ആയിഷാ ബീവിന്റെ ഷ ബിവി നബിസ് അല്ലാസമിന്ന് കൂടുതൽ ദീൻ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു നന്നായി ചോദിച്ചുകൊണ്ടിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും കാര്യങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ചെയ്തിരുന്ന ആയിഷ ബി വിയാണ് അതി അള്ളാഹു അതുകൊണ്ടാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ആയിഷ ബീവിയുടെ ഹദീത് കേട്ടാൽ മതി അവിടെ പറഞ്ഞു റമദാനിൽ എനിക്ക് നഷ്ടപ്പെട്ട നോമ്പുകൾ അള്ളാഹുവിന്റെ റസൂൾ സല്ല അഹുഅാലി വസ്സല്ല കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നതിനാൽ എനിക്ക് എപ്പോഴും വീട്ടാൻ സാധിച്ചിരുന്നു ഷബാനിലെ വീട്ടാൻ സാധിക്കണം അത്ര ഞാനത് വൈകിപ്പിക്കുമായിരുന്നു അവർ പറയാൻ ഞാൻ ഹദീജയോട് എനിക്കുണ്ടായിരുന്ന ഈർഷ്യത മറ്റൊരാളോടും എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം നബുസാഹു അലൈഹി വസ്വല്ലാം എപ്പോഴൊരാടിനർച്ചാലും അവർ അത് ഹദീജയുടെ കൂട്ടുകാരികൾക്ക് പറഞ്ഞ കൊടുത്തേക്കും അപ്പോൾ ഞാൻ ഒരിക്കൽ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഖദീജയോട് ഇത്ര ഇഷ്ടം ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ ഖദീജയെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഖദീജ ഖദീജ പെണ്ണുങ്ങൾ നമ്മളെ മലയാളത്തിൽ പറയാൻ ഒരു ഖദീജ എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞത് ദേഷ്യം കാണിക്കുന്നതിന് വേണ്ടി ഇർച്ചത കാണിക്കുന്നതിനു വേണ്ടി റസൂൽ അള്ളാഹിഅലി വസ്ലം തിരിച്ചു പറഞ്ഞു ഖദീജ അവളിലാണ് എനിക്ക് കുട്ടികളുണ്ടായത് അവളാണ് എന്നെ സഹായിച്ചത് അവളാണ് എന്നെ സംരക്ഷിച്ചത് ആളുകൾ എന്നെ എതിർക്കുന്ന സമയത്ത് ബിസഹുസലമിച്ചപ്പോൾ മക്കയിലെ പുറേശ്ശികൾ സൂളിലെ പറയാത്ത ചീത്തകളില്ല അവിടെ നിന്ന് ഏറ്റവും സ്വാധിക്കണം എന്നാൽ അവർ അവിടെ അവിടുത്തെ വിളിച്ചത് ഖദ്ദാബ് എന്നാ കള്ളൻ എന്നാ ഒരാൾ നമ്മളൊരു കാര്യത്തിൽ സത്യം പറഞ്ഞു വിചാരിക്കാം ആ സത്യം പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടം കിട്ടാനില്ല ഉദാഹരണത്തിന് നിങ്ങൾ ആരെങ്കിലും ഒരാളുടെ വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞു ഞാനാ പറയുന്ന സത്യം എനിക്കതുകൊണ്ടൊരു നേട്ടമല്ല നിങ്ങൾക്കാണ് നേട്ടമുള്ളത് അത് പറഞ്ഞതിന് ശേഷം എന്നെ നോക്കിയിട്ട് നീ കള്ളനാണെന്നൊരാൾ വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും നബിസല്ലാഹുഅലി വസ്ല്ലാമയാകട്ടെ ജീവിതത്തിൽ ഒരിക്കലും കളവ് അറിഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും കളവ് അറിഞ്ഞിട്ടില്ല അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന നാട്ടുകാരാണ് അവർക്കുള്ളത് അവർ റസൂർ ഖതാബ് എന്ന് വിളിച്ചു സാഹിർ എന്ന് വിളിച്ചു മസഹൂർ ഭ്രാന്തനാണ് മജ്നൂർ എന്ന് വിളിച്ചു റസൂൾ ഉള്ളയെ പരമാവധി അവർ ആക്ഷേപിച്ചു കളിയാക്കി നടന്നു പോകുമ്പോൾ കളിയാക്കും അവിടുന്ന് ഉസ്കരിക്കാൻ നിന്നാൽ അവിടുത്തെ ഉപദ്രവിക്കും ഈ പ്രയാസങ്ങളും വേദനകളുമായി റസൂൾ ഉള്ള വീട്ടിലേക്ക് തിരിച്ചു വരും അവിടുന്ന് ഹദീജയിലെ അടുത്തെത്തി കഴിഞ്ഞാൽ ഏറ്റവും ആശ്വാസം കണ്ടെത്തി വരണം ഒരേറ്റവും നല്ല ഭാര്യയുടെ ഒരു ഏറ്റവും നല്ല ഭാര്യയുടെ അടയാളമാണത് അവർ അള്ളാഹുവിന്റെ റസൂളിനെ സമാധാനിപ്പിക്കും ആശ്വാസപ്പെടുത്തും അവിടത്തേക്ക് വഹൈന്റെ ആ സംഭവം നമുക്ക് വരാനുണ്ട് റസൂലിഅഅലി വസ്ല്ലാം അവിടത്തേക്ക് ആദ്യമായി വഹൈ ലഭിച്ചു പേടിച്ചു വറച്ച റസൂലുള്ള വീട്ടിലേക്ക് വന്ന സന്ദർഭത്തിൽ ഹദി അള്ളാഹ് റസൂലോട് പറഞ്ഞ ചില വാക്കുകൾ അവർ എത്ര നല്ല ഭാര്യയായിരുന്നു എന്ന് തെളിയിക്കുന്നവൻ റസൂൾ അവർ പറഞ്ഞു ഇന്ന കലീലിൻ അഹമ്മദ് നീ കുടുംബം ചേർക്കുന്നയാളാണ് നീ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുന്നവരാണ് ബുദ്ധിമുട്ടുള്ളവർക്ക് താങ്ങാവുന്നവരാണ് എത്രയോ പ്രയാസങ്ങൾ നീൽത്തെടുക്കുന്നുണ്ട് അള്ളാഹു ഒരിക്കലും അപമാനിക്കുകയില്ല സുഹാൻ അള്ളാഹ് ഇങ്ങനെ ഒരു ഭാര്യയായി ഒരാൾക്ക് കിട്ടാന്നുള്ളത് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഞാമത്താണ് അള്ളാഹുന്റെ റസൂലാകട്ടെ ആ ഞാമത്ത് അതേറ്റവും ആവേശത്തോടു കൂടി എടുത്തു പറയുമായിരുന്നു ഒരിക്കൽ ഖദീജ റസൂൽ ഒരിക്കൽ ആയിഷറീ അള്ളാഹു റസൂൽഅള്ളയോട് ഖദീജയെ പറ്റി ആക്ഷേപിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എനിക്ക് അവളോടുള്ള സ്നേഹം അള്ളാഹു എന്റെ മനസ്സിലിട്ട് തന്നതാണ് ഹദീജയോടുള്ള സ്നേഹം ഒരിക്കലാ ഖദീജ തന്നെ എന്താണ് അവൾക്ക് ഇത്രയുള്ളത് അജൂസും കിളവികളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു കിളവി അവൾ മരിച്ചുപോയില്ലേ പല്ല് പല്ലുകൊഴിഞ്ഞ ചുവന്ന മോണ കാട്ടി ചിരിച്ചിരുന്നൊരു പെണ്ണ് അവരെ തന്നിട്ടില്ലേ ദുനിയാവിൽ നല്ല ഭാര്യമാർ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരിക്കലും പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ആയിഷ ബീവി ഒരിക്കലും ഉദ്ദേശിച്ചത് ദീനിൽ ആയിഷി അള്ളാഹ്ദീജയാണ് എന്നല്ല മറിച്ച് ദുനിയാവിൽ നല്ല ഭാര്യമാർ അതിനേക്കാൾ പ്രായം കുറഞ്ഞ ഭംഗിയുള്ള ഭാര്യമാർ നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുണ്ട് ഇപ്പോൾ ഖദീജയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ത്രീക്കുണ്ടാവുന്ന റിയറത്താനാണ് അതുകൊണ്ടാണ് ചില അതുകൊണ്ടാണ് പണ്ഡിതന്മാര് ചിലർ പറഞ്ഞത് സ്ത്രീകൾക്കുണ്ടാവുന്ന ഇത്തരം റിയറത്തുകൾ അത് നമ്മൾ അവഗണിക്കണം അതെല്ലാം അതേ വാക്കിലെടുക്കാൻ പാടില്ല ആ പറഞ്ഞ ലഫുഖ് ഒരു സ്വഹാബി ആയിഷ ബിവി ചീത്ത പറഞ്ഞത് എന്ന് പറഞ്ഞിരുന്നു കാരണം അത് സ്ത്രീകൾക്ക് പൊതുവെ ഉണ്ടാകുന്ന ഹീറത്തുകളാണ് അവർക്കുണ്ടാവുന്ന ദേഷ്യം അപ്പോൾ അലിഹ് വസ് ദേഷ്യം പിടിച്ചു റസൂല ആയിഷയോട് ആ സന്ദർഭത്തിൽ ആ വാക്കിൽ ദേഷ്യം പിടിച്ചതായി ഹദീസിൽ ഹദീസുകളിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരിക്കൽ ഹദീജയുടെ സഹോദരിയാണ് ഒരിക്കൽ നബിസൊല്ലാ അലിഹി വസല്ലമയുടെ വീട്ടിൽ റസൂൾ അനുമതി ചോദിച്ചു വീട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അപ്പോൾ ഹാലയുടെ ശബ്ദം കേട്ടപ്പോൾ അവരുടെ രൂപം കണ്ടപ്പോൾ റസൂളക്ക് ഹദീജെ ഓർമ്മ വന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് സന്തോഷം കൊണ്ടു നിറഞ്ഞു എന്നിട്ട് അവരെന്ന് പറഞ്ഞു അള്ളാഹു അള്ളാഹുവെ ഹാല അവളോട് നീ കാരുണ്യം ചൊറിയണം റസൂലു ഹദീജെ പെട്ടെന്ന് ഓർമ്മ വന്നു അത്രമാത്രമേ വിശ്വാസം ഹദീജി അള്ളാഹുഹെ സ്നേഹിച്ചിരുന്നു കാരണം അതിനുമാത്രം അള്ളാഹുവിന്റെ റസൂലിന് താങ്ങായി ഹദീജ റതി അള്ളാഹു നിലകൊണ്ടിരുന്നു ചില സ്ത്രീകൾ ചോദിക്കാറുണ്ട് അള്ളാഹാന്റെ റസൂൾ ഖദീജിനെ കെട്ടിപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ശരിയാണ് ഖദീജ് അത്രമാത്രം പൗരമായിരുന്നു റസൂളതെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഭാര്യ അവൾ ഭർത്താവിനോട് ഏറ്റവും നല്ല ഏറ്റവും നല്ല നന്മയിൽ നിന്നാൽ ചിലപ്പോൾ അവൾ ഉള്ളപ്പോൾ വേറൊരു കല്യാണം ചിലപ്പോൾ അയാൾ ആലോചിച്ചോളുന്നില്ല അത്ര അത്ര നല്ല രൂപത്തിലാണെങ്കിൽ അത്രമാത്രം അവളെ അവൾ അയാൾക്ക് താങ്ങും തണലുമാണെങ്കിൽ യാളെ ആ സന്ദർഭത്തിൽ വേറെ കല്യാണം കഴിക്കുക എന്നുള്ളത് ചിലപ്പോൾ അയാൾക്ക് പറ്റിക്കൊള്ളുന്നില്ല എന്നാൽ നബിസൊല്ലാഅലി വസ്ല്ലാം രണ്ടാമത് ഒരു കല്യാണം കഴിക്കാതിരിക്കാൻ കാരണം പല പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ മക്കയും നബിസൊല്ലാഹു അലി വസല്ലം ധാവത്തിന്റെ തിരക്കുകളിലായിരുന്നു ആ സന്ദർഭം കല്യാണം കൂടുതൽ കല്യാണം കഴിക്കാൻ യോജിച്ച സമയമല്ല അതോടൊപ്പം ഹദീജയാകട്ടെ റള്ളാഹുന്റെ റസൂൽ സല്ലു അലുവല്ലം ഏറ്റവും നന്നായി സഹായിച്ചിരുന്നു അവരുടെ മനസ്സിനൊരു പ്രയാസമുണ്ടാക്കുക എന്നത് റസൂൽ ഇഷ്ടപ്പെട്ടില്ല ഈ കാരണങ്ങൾ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാൻ സാധിക്കും സഹോദരങ്ങളെ ഇത് നബിസല്ലാഹു അലൈഹി വസ്ല്ലമയുടെ യുവത്വ കാലഘട്ടം വരെയുള്ള സംഭവങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇനി അടുത്താഹു അലഹി വസ്ല്ലമക്ക് അവിടത്തേക്ക് നുപൂവത്ത് ലഭിച്ച അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ദാവത്തിന്റെ ആദ്യ കാര്യങ്ങളുമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അള്ളാഹു സുഭാനുഭൂ توفيق نلگمار اگٹے وحذا والله تعالی اعلم الصواب وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه وسلم